യൂണിറ്റ് സിക്സ് ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല പിള്ള സാറേ അങ്ങോട്ടൊന്ന് നോക്കണം എന്താണ് ഇവിടെ വിശേഷം സാർ ആ നോട്ടീസ് ഒന്ന് വായിക്കൂ എന്താണതിൽ തനിക്ക് വായിക്കാൻ പാടില്ലേ ശരി ഞാൻ വായിക്കട്ടോ സാർ വായിക്കട അതിന് പ്രത്യേകം ഉത്തരവോ അനുവാദമോ വേണോ ശരി സാർ കേൾക്കണം ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഇതാണോ അത്ര വലിയ കാര്യം പിന്നല്ലേ സാറിന്റെ കയ്യിൽ നോക്കണം എന്താണത് ഇതോ ഇത് സിഗരറ്റ് അല്ല ചുരുട്ടല്ലേ അപ്പോൾ ഇവിടെ വലിക്കാൻ പാടുണ്ടോ വലിക്കാം എനിക്ക് ചുരുട്ട് വലിക്കാം അതാണ് ഈ നോട്ടീസിന്റെ അർത്ഥം പക്ഷേ എന്റെ തോന്നൽ അങ്ങനെയല്ല പിന്നെന്താ ഇതിന്റെ വ്യാഖ്യാനം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ പണ്ഡിതനല്ല ശരി ശരി എന്നാൽ താൻ ഇതിന്റെ സാരമോ ആശയമോ ഒന്ന് പറയൂ ഇവിടെ ആരും പുക പാടില്ല സിഗരറ്റ് വീടി ചുരുട്ട് പൈപ്പ് മുതലായവ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ പിന്നെ അങ്ങനെ എഴുതാൻ പാടില്ലേ താനൊരു ബുദ്ധിമാൻ തനിക്കും എല്ലാം മനസ്സിലാക്കാം ഞാനൊരു വെറും മണ്ടൻ സാറന്നെ ആക്ഷേപിക്കരുത് ആക്ഷേപമോ പരിഹാസമോ അല്ല വാസ്തവമാണ് താനൊരു ബുദ്ധി രാക്ഷസനാണ് സാറിനെ പോലെ വലിയ ബുദ്ധിമാനൊന്നും അല്ല പക്ഷേ സാമാന്യ ബുദ്ധിയുണ്ട് ഇന്നെന്തോ എന്റെ ശകുനം അത്ര നല്ലതല്ല അതാണ് ഈ വാദത്തിന് കാരണം അപ്പോൾ സാമാന്യ ബുദ്ധിക്കാർ ശകുനത്തിലും ജ്യോത്സ്യത്തിലും ഒക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ ലിസൺ ആൻഡ് റിപ്പീറ്റ് പിള്ള അങ്ങോട്ടൊന്ന് നോക്കണം പിള്ള സാറേ അങ്ങോട്ടൊന്ന് നോക്കണം എന്താണവിടെ വിശേഷം എന്താണ് ഇവിടെ വിശേഷം സാർ ആ നോട്ടീസ് ഒന്ന് വായിക്കൂ എന്താണതിൽ തനിക്ക് വായിക്കാൻ പാടില്ലേ ശരി ഞാൻ ഉറക്കെ വായിക്കട്ടോ സാർ ശരി ഞാൻ വായിക്കട അതിന് ഉത്തരവോ അനുവാദമോ വേണോ വായിക്കട അതിന് പ്രത്യേകം ഉത്തരവോ അനുവാദമോ വേണോ ശരി സാർ കേൾക്കണം ശരി സാർ കേൾക്കണം ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഇതാണോ അത്ര വലിയ ഇതാണോ അത്ര വലിയ കാര്യം പിന്നല്ലേ പിന്നല്ലേ സാറിന്റെ കയ്യിൽ നോക്കണം എന്താണത് സാറിന്റെ കയ്യിൽ നോക്കണം എന്താണത് ഇതോ ഇത് സിഗരറ്റ് അല്ല ചുരുട്ടല്ലേ സിഗരറ്റ് അല്ല ചുരുട്ടല്ലേ അപ്പോൾ ഇവിടെ ചുരുട്ടും വീടിയും ഒക്കെ വലിക്കാൻ പാടുണ്ടോ അപ്പോൾ ഇവിടെ ചുരുട്ടും വീടിയും ഒക്കെ വലിക്കാൻ പാടുണ്ടോ വലിക്കാം എനിക്ക് ചുരുട്ട് വലിക്കാം വലിക്കാം എനിക്ക് ചുരുട്ട് വലിക്കാം അതാണ് ഈ നോട്ടീസിന്റെ അർത്ഥം അതാണ് ഈ നോട്ടീസിന്റെ അർത്ഥം പക്ഷേ എന്റെ തോന്നൽ അങ്ങനെയല്ല പക്ഷേ എന്റെ തോന്നൽ അങ്ങനെയല്ല പിന്നെന്താ ഇതിന്റെ വ്യാഖ്യാനം പിന്നെന്താ ഇതിന്റെ വ്യാഖ്യാനം താൻ പറ വ്യാഖ്യാനമൊന്നും എനിക്കറിയാൻ പാടില്ല വ്യാഖ്യാനമൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ പണ്ഡിതനല്ല ഞാൻ പണ്ഡിതനല്ല ശരി ശരി എന്നാൽ താൻ ഇതിന്റെ സാരമോ ആശയമോ ഒന്ന് പറയൂ ശരി ശരി എന്നാൽ താൻ ഇതിന്റെ സാരമോ ആശയമോ പറയൂ ഇവിടെ ആരും പുക പാടില്ല ഇവിടെ ആരും പുക വലിക്കാൻ പാടില്ല സിഗരറ്റ് വീടി ചുരുട്ട് പൈപ്പ് മുതലായവ സിഗരറ്റ് വീടി ചുരുട്ട് പൈപ്പ് മുതലായവ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ പിന്നെ അങ്ങനെ എഴുതാൻ പാടില്ലേ എന്നാൽ പിന്നെ അങ്ങനെ എഴുതാൻ പാടില്ലേ നമ്മളെല്ലാം വിദ്യാസമ്പന്നരല്ലേ നമ്മളെല്ലാം വിദ്യാസമ്പന്നരല്ലേ ഇത്രയെങ്കിലും മനസ്സിലാക്കണ്ടേ െങ്കിലും മനസ്സിലാക്കണ്ടേ താനൊരു ബുദ്ധിമാൻ താനൊരു ബുദ്ധിമാൻ തനിക്ക് എല്ലാം മനസ്സിലാക്കാം തനിക്ക് എല്ലാം മനസ്സിലാക്കാം ഞാനൊരു വെറും മണ്ടൻ ഞാനൊരു വെറും മണ്ടൻ സാറെന്നെ ആക്ഷേപിക്കരുത് സാറന്നെ ആക്ഷേപിക്കരുത് ആക്ഷേപമോ പരിഹാസമോ അല്ല ആക്ഷേപമോ പരിഹാസമോ അല്ല വാസ്തവമാണ് ണ് താനൊരു ബുദ്ധിരാക്ഷസനാണ് താനൊരു ബുദ്ധി രാക്ഷസനാണ് ശരി സാർ സാറിനെ പോലെ വലിയ ബുദ്ധിമാനൊന്നും അല്ല പക്ഷേ സാമാന്യ ബുദ്ധിയുണ്ട് പക്ഷേ സാമാന്യ ബുദ്ധിയുണ്ട് ഇന്നെന്തോ എന്റെ ശകുനം അത്ര നല്ലതല്ല ഇന്നെന്തോ എന്റെ ശകുനം അത്ര നല്ലതല്ല അതാണ് അതാണ് ഈ വാദത്തിന് കാരണം അപ്പോൾ സാമാന്യ ബുദ്ധിക്കാർ ശകനത്തിലും ജ്യോത്സ്യത്തിലും ഒക്കെ അപ്പോൾ സാമാന്യ ബുദ്ധിക്കാർ ശകനത്തിലും ജോൽസ്യത്തിലും ഒക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ ും ക്ലാസിന് വെളിയിൽ നോക്കാൻ പാടില്ല ും ക്ലാസിന് വെളിയിൽ നോക്കാൻ പാടില്ല ഓഫീസിൽ പുകവലിക്കാൻ പാടുണ്ടോ ഓഫീസിൽ പുകവലിക്കാൻ പാടുണ്ടോ ശകുനത്തിൽ വിശ്വസിക്കാൻ പാടുണ്ടോ ശകുനത്തിൽ വിശ്വസിക്കാൻ പാടുണ്ടോ നിനക്കിതുപോലെ ഒരു പുസ്തകം എഴുതാൻ പാടില്ലേ നിനക്കിതുപോലെ ഒരു പുസ്തകം എഴുതാൻ പാടില്ലേ ബിൽഡപ് ഡ്രിൽ മോഡൽ പാടില്ല ശല്യപ്പെടുത്താൻ ശല്യപ്പെടുത്താൻ പാടില്ല കുട്ടികളെ കുട്ടികളെ ശല്യപ്പെടുത്താൻ പാടില്ല ഈ സമയം ഈ സമയം കുട്ടികളെ ശല്യപ്പെടുത്താൻ പാടില്ല നൗ ഫോളോ ദോഡൽ പാടില്ലേ കൊടുക്കാൻ കൊടുക്കാൻ പാടില്ലേ കാപ്പിയും കാപ്പിയും കൊടുക്കാൻ പാടില്ലേ ചായയും ചായയും കാപ്പിയും കൊടുക്കാൻ പാടില്ലേ എപ്പോഴും എപ്പോഴും ചായയും കാപ്പിയും കൊടുക്കാൻ പാടില്ലേ കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും ചായയും കാപ്പിയും കൊടുക്കാൻ പാടില്ലേ പാടുണ്ടോ വിളിക്കാൻ വിളിക്കാൻ പാടുണ്ടോ ഡോക്ടറെ ഡോക്ടറെ വിളിക്കാൻ പാടുണ്ടോ നമുക്ക് നമുക്ക് ഡോക്ടറെ വിളിക്കാൻ പാടുണ്ടോ ഈ അസമയത്ത് ഈ അസമയത്ത് നമുക്ക് ഡോക്ടറെ വിളിക്കാൻ പാടുണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ എന്റെ കൂട്ടുകാരന് രാത്രി അധികം കഴിക്കാൻ പാടില്ല നടക്കാൻ എന്റെ കൂട്ടുകാരന് രാത്രി അധികം നടക്കാൻ പാടില്ല വായിക്കാൻ എന്റെ കൂട്ടുകാരന് രാത്രി അധികം വായിക്കാൻ പാടില്ല പഠിക്കാൻ എന്റെ കൂട്ടുകാരന് രാത്രി അധികം പഠിക്കാൻ പാടില്ല എഴുതാൻ എൻറെ കൂട്ടുകാരന് രാത്രി അധികം എഴുതാൻ പാടില്ല ഇനി മുതൽ നിങ്ങൾ ഇത് പറയാൻ പാടില്ല ചോദിക്കാൻ ഇനി മുതൽ നിങ്ങൾ ഇത് ചോദിക്കാൻ പാടില്ല ഇനി മുതൽ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ പാടില്ല കാണാൻ ഇനി മുതൽ നിങ്ങൾ ഇത് കാണാൻ പാടില്ല അയാളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലേ കാണാൻ അയാളെ നമ്മൾ കാണാൻ പാടില്ലേ വിളിക്കാൻ ശല്യപ്പെടുത്താൻ അയാളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലേ നിങ്ങൾക്കിപ്പോൾ വരാൻ പാടുണ്ടോ പോകാൻ നിങ്ങൾക്കിപ്പോൾ പോകാൻ പാടുണ്ടോ നടക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പാടുണ്ടോ നിൽക്കാൻ നിങ്ങൾക്കിപ്പോൾ നിൽക്കാൻ പാടുണ്ടോ റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാമോ നോ മോഡൽ അവന് ആ കാര്യം ചെയ്യാൻ പാടുണ്ടോ അവന് ആ കാര്യം ചെയ്യാമോ പനിക്കാരന് ചോറുണ്ണാൻ പാടുണ്ടോ പനിക്കാരന് ചോറ് ഈ പുസ്തകം എല്ലാവരും വായിക്കാൻ പാടുണ്ടോ ഈ പുസ്തകം എല്ലാവർക്കും വായിക്കാമോ ആ സിനിമ കുട്ടികൾക്ക് കാണാൻ പാടുണ്ടോ ോ ആ രഹസ്യം നമുക്ക് പറയാൻ പാടുണ്ടോ ആ രഹസ്യം നമുക്ക് പറയാമോസ് ഡ്രിൽ നാളെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ പാടുണ്ടോ പോകാം നാളെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാം പാടില്ല നാളെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ പാടില്ല നൗ ഫോളോ ദോഡൽ ഈ മരുന്ന് രാജന് കുടിക്കാൻ പാടില്ലേ കുടിക്കാം ഈ മരുന്ന് രാജന് കുടിക്കാം പാടില്ല ഈ മരുന്ന് രാജന് കുടിക്കാൻ പാടില്ല ഈ സമയത്ത് അവളെ ശല്യപ്പെടുത്താമോ ശല്യപ്പെടുത്താം ഈ സമയത്ത് അവളെ ശല്യപ്പെടുത്താം പാടില്ല ീ സമയത്ത് അവളെ ശല്യപ്പെടുത്താൻ പാടില്ല മറ്റന്നാൾ കുഞ്ഞിന് തല കുളിക്കാമോ കുളിക്കാം മറ്റന്നാൾ കുഞ്ഞിന് തല കുളിക്കാം പാടില്ല മറ്റന്നാൾ കുഞ്ഞിന് തല കുളിക്കാൻ പാടില്ല O <tries>